സ്വകാര്യ സ്വത്ത് വരുമ്പോൾ സ്ത്രേ കളവിന് പ്രാധാന്യം കൂടുന്നു സ്വകാര്യ സ്വത്ത് വരുമ്പോൾ അന്യഥാതമം ലൈംഗിക ദുരാചാരങ്ങൾക്ക് പ്രാധാന്യം കൂടും ഈ മൂന്നെണ്ണം രോഗമൂലമാണ് ഉദാഹരണം പറഞ്ഞുതരാം ഇനി ഒരു തരത്തിലും മനസ്സിലായില്ല കഴിഞ്ഞ കാലഘട്ടത്തില് ഒരു മത്തി കച്ചവടക്കാരൻ വീട്ടുമുറ്റത്ത് കിലോ മത്തി ചോദിക്കുന്ന കമലാക്ഷിയോട് രണ്ട് കിലോ മത്തി ഇങ്ങനെ പിടിച്ച് നോക്കുന്നത് രണ്ട് കിലോയ്ക്ക് പത്ത് ഗ്രാം അല്ലെങ്കിൽ നൂറ് ഗ്രാം കൂടുതലുണ്ടെന്ന് പറഞ്ഞ് തൂക്കി കൊടുക്കും അവനെ കാണിക്കും അവരെ മനസ്സിലായില്ല അവന്റെ സത്യസന്ധത അവന് നിർബന്ധമായിരുന്നു ഒരു കാപ്പിപ്പൊടി തരുന്നവനായി അത് നല്ലതാണ് എന്ന് ഉറപ്പ് വരുത്തിയാണ് തന്നിരുന്നത് അന്ന് കാപ്പിപ്പൊടി വാങ്ങിക്കൊണ്ടുപോയി കാപ്പി കുടിക്കുന്നതിനിടയിൽ അത് കേടാണെങ്കിൽ പൊട്ടിച്ചത് പോലും തിരിച്ചുകൊണ്ട കൊടുത്താൽ അവൻ കുത്തകയായിരുന്നിട്ട് പോലും ഒരു കടയെ നാട്ടിലുള്ളെങ്കിൽ പോലും അവൻ്റെ ചോദ്യം ചെയ്യപ്പെടരുത് എന്ന നിർബന്ധം കൊണ്ട് തിരിച്ചു വാങ്ങിച്ചു പ്രായമായവർ പ്രായമായവർ എനിക്ക് കൂട്ടിന് ഒരു തുണി വാങ്ങിക്കൊണ്ടുപോയാൽ അതിന്റെ എരടുണ്ടെങ്കിൽ അത് കീറിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടിരുന്നാൽ യാതൊരു മടിയും കൂടാതെ വാങ്ങി വെക്കുമായിരുന്നു അതിന്റെ നഷ്ടം അവര് വന്നാൽ പോലും അവന്റെ സത്യസന്ധത ചോദ്യം ചെയ്യപ്പെടരുത് എന്ന് അവന് നിർബന്ധമുണ്ടായിരുന്നു ശരിയല്ല ശരിയാണ് ശരിയാണ് ശരിയാണെങ്കിൽ അന്ന് അവൻ എം ബി പുതിയ കാലത്ത് എം ബി എ കോളേജുകൾ തുടങ്ങിയപ്പോൾ എം ബി എ എന്ന കോഴ്സ് തുടങ്ങുമ്പോൾ തന്നെ സാധാരണ വീട്ടിൽ തന്നെ എം ബി എയുടെ അതാണ് മനസ്സിന്റെ പ്രത്യേകത മനസ്സിലല്ല എം ബി എൻ്റെ ഐരോഗ്യക്കാരൻ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ മത്തിക്കച്ചവടക്കാരനായ ഞാൻ എം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങും ഈ മാഹിക്ക് മനസ്സിലായിട്ടില്ല ഈ മാഹിക്ക് ഒരുക്കറിയില്ല ഇവൻ പോയി പഠിച്ചിട്ട് വരുന്നതിന് മുമ്പ് എൻ്റെ മത്തി കച്ചവടത്തിൽ പ്രാക്ടീസ് ആകുന്നു ഞാൻ മത്തിയുമായി പോകുന്നു ആദ്യം കമലാക്ഷി മത്തിക്ക് വരുമ്പോൾ ഞാൻ അതിൽ നിന്ന് നൂറ് ഗ്രാം വരുന്ന ഒരു മത്തി എടുത്ത് താഴെ ഇടുന്നു മനപൂർവ്വമാണെന്ന് തോന്നാതെ മനസ്സിലായില്ല മനപൂർവല്ല അവര് കാണുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ താഴോട്ട് പോയതാണ് ക്ലാസിലേക്ക് വാരിയിടുമ്പോൾ ഒരെണ്ണം താഴോട്ട് പോയതാണ് ഞാനാകത്ത മനപൂർവ്വം താഴെ ഉള്ളതാണ് അതെനിക്ക് മാത്രമേ അറിയുള്ളൂ കമലാക്ഷിക്ക് അറിയില്ല കമലാക്ഷി കുനിഞ്ഞ് ആ മത്തി അവളുടേതാണെന്ന് ഭാവിച്ച് എടുത്ത് അവളുടെ ചട്ടിയിലേക്ക് ഇടുന്നോ ഏത് കമലാക്ഷി ഇടും ആ ഒരു അഡീഷണൽ മത്തി കിട്ടാൻ കാരണം ഞാൻ ഒരുപാട് മത്തി കച്ചവടം ചെയ്തത് അതുകൊണ്ടല്ലേ അപ്പൊ ഈ മത്തി താഴേക്ക് വീണത് എടുത്ത് കമലാക്ഷി അടിയിലേക്ക് ഇട്ടാൽ രണ്ട് കിലോ മത്തി ചോദിക്കുന്ന കമലാക്ഷിക്ക് ഞാൻ ഒരു കിലോ നാനൂറ് ഗ്രാം മത്തി മറിച്ചു കൊടുത്തു ഈ നേരം കൊണ്ട് കമലാക്ഷി രണ്ടു കിലോയിൽ ഒരു മത്തി അഡീഷണൽ കിട്ടിയെന്ന വ്യാമോഹത്തോടെ പോയി മത്തി കടിവെച്ച് പിള്ളേർക്ക് കൊടുത്തു കമലാക്ഷിയുടെ വെന്റൽ സൈറ്റിൽ ഒരു മത്തി അഡീഷണലാണ് എനിക്ക് മാത്രം അറിയാവുന്ന ഒന്നുണ്ട് ഞാൻ കമലാക്ഷിയെ ഒരു കിലോ നാന്നൂറ് ഗ്രാം നൂറ് ഗ്രാം മത്തിയും ചേർത്ത് അഞ്ഞൂറ് ഗ്രാം കഴിഞ്ഞ് അഞ്ഞൂറ് ഗ്രാം മത്തി കളിപ്പിച്ചിട്ടുണ്ടെന്ന് എന്റെ മസ്തിഷ്കത്തിൽ ഉറപ്പുണ്ട് ഞാൻ ആതുരനായാണ് നടന്നു ഇത് ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയുടെ ഫണ്ടമെന്റലാണ് ഇനി മനസ്സിലായില്ല എത്ര കടുപ്പിച്ചു എന്നുള്ളതിലാണ് ചരിതാർത്ഥ്യമിരിക്കുന്നത് അതിന്റെ വീരവാദങ്ങളാണ് ക്ലബുകളിലെല്ലാം നാം കേൾക്കുന്നത് തിന്റെ പണവുമായാണ് മദ്യം അടിക്കാൻ ക്ലബുകളിൽ എത്തുന്നത് ആ മദ്യം ഓർത്തുമ്പോൾ എല്ലാം ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി ഉരുവിടുന്ന മന്ത്രം മറ്റവനെ കളിപ്പിച്ചതിന്റെ മാഹാത്മ്യമാണ് അതവന്റെ മസ്തിഷ്കത്തെ ആപാദ ചൂടം ആക്രമിക്കുമ്പോൾ അവൻ വൃദ്ധനാകുന്നതും രോഗിയാകുന്നതും അവൻ തിരിച്ചറിയാതിരിക്കുന്നു എന്നാൽ ഈ രോഗങ്ങൾ ആവിർഭവിക്കുമ്പോഴും ഈ ചെയ്തിയിൽ നിന്നും മോചനം നേടാൻ ആ ഇക്കോണമി പഠിപ്പിക്കുന്നില്ല ഇതാ പറഞ്ഞതിന്റെ സ്ഥലം ക്ലിയറായി കുറെ കൂടെ നല്ല ഉദാഹരണം പറഞ്ഞാൽ അച്ഛൻ നടത്തിയിരുന്ന ചെരുപ്പ് കട കുറെ നല്ല ഉദാഹരണം അതാണ് ചില സ്റ്റാൻഡേർഡ് കൂടും മത്തിയാകുമ്പോ ഒരു നിത്യ പരിചയമുള്ള അച്ഛൻ നടത്തിയിരുന്ന ചെരുപ്പുകൾ ചെരുപ്പ് കുത്തിയായ തന്ത ചെരുപ്പ് കുത്തി കൊടുക്കും ആ ചെരുപ്പ് കൊടുക്കുമ്പോൾ ഒരു അൻപത് രൂപ അറുപത് രൂപ ഒരു ജോടി ചെരുപ്പിന് വില അത് കൊടുക്കും മകനെ പഠിപ്പിച്ച് പ്രീ ഡിഗ്രിയും ഒക്കെ കഴിഞ്ഞപ്പോൾ അച്ഛൻ തീരുമാനിച്ചു എങ്ങനെ കഷ്ടപ്പെട്ടു അവനെ അമേരിക്കയിൽ അയക്കണം അമേരിക്കയിൽ വിട്ട് എം എടുത്തു ഇന്ത്യയിൽ നിന്ന് വലിയ ഫിനാൻസ് രംഗത്ത് ഉന്നതമായ പഠനം കഴിഞ്ഞ് അമേരിക്കയിൽ പോയി എം എടുത്ത് തിരിച്ചു വന്നു അവൻ പറഞ്ഞു അച്ഛൻ ഇങ്ങനെ ചെരുപ്പ് കുത്തിയിരുന്നാൽ സ്റ്റാൻഡേർഡിന് മോശമാണ് ഞാൻ അമേരിക്ക എന്ന് വന്നതാണ് വേറെ ഒന്നും തൊഴിലിന് പോകുന്നില്ല ചെരുപ്പുകിട തന്നെ തുടങ്ങുകയാണ് ഗംഭീരനൊരു ചെരുപ്പ് കിട തുടങ്ങി പത്തുമുപ്പത് ആളുകളെ ചെരുപ്പ് കുത്തികളെ വിളിച്ച് വേറൊരു വീട്ടിലിരുത്തി ചെരുപ്പ് കുത്തിച്ചു അവിടുന്ന് ചെരുപ്പെല്ലാം നമ്പരിട്ട് ഗൽറ്റി വെച്ച് ചെരുപ്പ് കടയിലെത്തി അവിടെ ഒരു പത്ത് മുപ്പത് നിയമിച്ചു അവർക്ക് ട്രാൻസാക്ഷൻ അനാലിസിന്റെ ക്ലാസ് ഒക്കെ എടുത്തു കൊടുത്തു കുട്ടിയുമായി വരുമ്പോൾ കുട്ടിയെ കൊണ്ട് എങ്ങനെയാണ് ചെരുപ്പിനു വേണ്ടി വഴക്കുണ്ടാക്കിക്കാവുന്നത് അങ്ങനെ വഴക്കുണ്ടാക്കിക്കുമ്പോൾ എങ്ങനെയാണ് രണ്ട് രൂപ കൂട്ടിയിട്ട് കൊടുക്കാവുന്നത് മനസ്സിലായില്ലീഗോ ഭാര്യയും ഭർത്താവും കൂടി വരുമ്പോൾ ഭാര്യയിലോ ഭർത്താവിലോ ഇതിൽ പ്രിയം ജനിപ്പിച്ച് ഇത് തന്നെ പ്രീതി ഉണ്ടാക്കി എങ്ങനെയാണ് പ്രവർത്തിക്കുക പേരന്റ് അമ്മ കുഞ്ഞിനെയും കൊണ്ട് വരുമ്പോൾ പേരൻ്റെ ലീഗോ എങ്ങനെയാണ് പ്രവർത്തിക്കുക ഇതൊക്കെ ഈ സെയിൽസ് ഗേൾസിനെ നന്നായി പഠിപ്പിച്ചു മൂന്നാല് ദിവസത്തെ ട്രെയിനിങ്ങൊക്കെ കൊടുത്ത് കടയൊക്കെ വളരെ സുമാറാക്കി അച്ഛൻ നടത്തിയതോടല്ല അച്ഛനെ ഒരു ക്യാബിൻ ഉണ്ടാക്കി മുറിയാക്കി അതിനകത്ത് തളച്ചു അച്ഛനോട് പറഞ്ഞു ഈ പുറത്തിറങ്ങണ്ട എം ഡി ഇതിനകത്തിരിക്കുക എക്സിക്യൂട്ടീവായിട്ട് ഞാൻ ഇതെല്ലാം നടത്തും ഇത്രയും കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ചെരുപ്പ് കടയിലേക്ക് ഒരു വധുവും വരനും വിവാഹം കഴിഞ്ഞ് നേരെ കയറി വന്നു അവർ വന്ന് ചെരുപ്പ് തപ്പിയപ്പോൾ വധുവിന് ഇഷ്ടപ്പെട്ട ഒരു ജോടി ചെരുപ്പ് എടുത്തു അതിന് വില അടൽ പേപ്പർ ഒത്തിച്ചിട്ടുണ്ട് നാലായിരത്തി രൂപ പത്ത് പൈസ അതിലാണ് അതിന്റെ സത്യസന്ധത നിലകൊള്ളുന്നത് പത്ത് പൈസ മനസിലായില്ല അതൊക്കെയാണെന്ന് പതിനൊന്ന് പൈസ പത്ത് പൈസ എന്നൊക്കെ എഴുതിയാൽ അത്ര കൃത്യമാണെന്ന് നിങ്ങൾക്ക് തോന്നും ശരിയല്ല അവിടെ ചെന്നാല് ബാർഗെയിനിങ് വേണ്ട പത്ത് പൈസക്ക് വരെ കൃത്യമാണ് നിങ്ങളുടെ മനസ്സിനെ മുഴുവൻ ആകർഷിക്കുമാർ കൃത്യമായി ഞാൻ അത് പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നാലായിരത്തി രൂപ പത്ത് പൈസ ഭാര്യയും ഭർത്താവും പഴ്സിയും ഒക്കെ കൂടെ കൈയിട്ട് ഭാര്യ എടുത്തിട്ട് എല്ലാം കൂടെ രണ്ടായിരം രൂപയെ തികഞ്ഞുള്ളൂ രണ്ടായിരത്തി എണ്ണൂറില്ല അത്ര കൂടി പക്ഷെ ഇത് തന്നെ വേണമെന്ന് അച്ഛൻ പണ്ട് അമ്പത് രൂപയ്ക്ക് വിറ്റ സാധനമാണ് ഈ നാലായിരത്തി രൂപ പത്ത് പൈസക്ക് ഈ ആ ആഡംബരങ്ങളും ആലവാലങ്ങളും വെച്ച് വിൽക്കാൻ വെച്ചിരിക്കുന്നത് അവസാനം ഇത് വേണ്ട വേറെ കടയിൽ പോകാമെന്ന് വിചാരിച്ച് അവർ ഇറങ്ങാൻ എക്സിക്യൂട്ടീവായ ഞാൻ എം ബി ഞാൻ ചെന്നവരോട് പറഞ്ഞു എന്താ പറ്റി അപ്പൊ മടി കാശ് കുറവാണെന്ന് പറയാൻ അപ്പൊ ഞാൻ ആ മനഃശാസ്ത്രവും പഠിച്ചിട്ടുണ്ട് ഞാൻ ചോദിച്ചു മുഴുവൻ തകയില നാടക്കൊണ്ട് തന്നാൽ മതി നിങ്ങളാണല്ലോ കസ്റ്റമേഴ്സ് നിങ്ങൾ മലയാളികളിലും ആണല്ലോ അമേരിക്കയിൽ പോയിട്ടുമില്ല നിങ്ങൾ തീരുമാനിച്ചു കുഴപ്പമില്ല നന്നായി രണ്ടായിരം രൂപക്ക് ഇത് കിട്ടും ആ രണ്ടായിരത്തി രൂപ ഗോപി അങ്ങനെ കളിപ്പിക്കാനൊരു ചാൻസ് കിട്ടിയത് നിങ്ങളും സന്തുഷ്ടം പക്ഷെ അച്ഛൻ ഇരുന്നൂറ് രൂപയ്ക്ക് വിറ്റതാണ് നിങ്ങൾ രണ്ടായിരത്തിന് കൊണ്ടുപോകുന്നതെന്ന് നിങ്ങൾ ഇപ്പോൾ അറിയുന്നില്ല അതിരിക്കട്ടെ കഥ പിന്നെയുമുണ്ട് ആ സാധനം നല്ല ഗിൽറ്റ് പേപ്പറിലൊക്കെ പൊതിഞ്ഞ് നല്ലതുപോലെ നാലായിരത്തി എണ്ണൂറ് രൂപ പത്ത് പൈസയുടെ ബില്ല് വരുതി ഒരു പൈസ കുറയ്ക്കാതെ നാളെ രാവിലെ തിരിച്ചു തരണം എന്ന് പറഞ്ഞ് പൊതിഞ്ഞ് കെട്ടി കയ്യിൽ തന്നു നിങ്ങളെ ഇറക്കി വിടുമ്പോൾ ഇന്നലെ വരെ അൻപത് രൂപയ്ക്ക് വിറ്റ എന്റെ പന്ത അവിടെ നിന്ന് തന്നെ വിളിച്ചു തുളഞ്ഞു മോനെ അമേരിക്കയല്ല നോക്കണം പൈസ നാളെ കിട്ടില്ല ഗോപി അച്ഛനിങ്ങനെ കാണിച്ചു ഗോപി അപ്പൊ ഞാനും കൈമുത്തി കാണിച്ചു ചുമ്മാ ഇരിക്കണം അച്ഛ ഇത് ഞാനാണ് അമേരിക്കയിൽ അവിടിച്ചെ നാളെ രാവിലെ കട തുറക്കുമെങ്കിൽ പൈസ ഇവിടെ ഉണ്ടാവും അങ്ങനൊരു അമേരിക്ക നാലായിരത്തി എണ്ണൂറ് രൂപയുടെ ചെരുപ്പ് പൊതിഞ്ഞ് കെട്ടി കൊടുത്തുവിട്ട് രണ്ടായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് കാശും മേടിച്ച് വെച്ചിട്ട് രണ്ടാ രണ്ടായിരം കിലോ മേടിച്ച് വെച്ചിട്ട് രണ്ടായിരത്തി എണ്ണൂറ് രൂപയും കൊണ്ട് നാളെ രാവിലെ ഭാര്യയും ഭർത്താവും വരും എൻ്റെ പൊന്ന മോനെ നിനക്ക് മലയാളിയെ അറിയില്ലായിട്ടാണ് അതൊക്കെ ഇരിക്കേണ്ട വച്ചാൽ ഞാൻ കാണിച്ചു തരാം രാവിലെ കടകൾ തുറക്കുമ്പോൾ ഭാര്യയും ഭർത്താവും കുറിക്കട്ട് ചെരുപ്പുമായിട്ട് വന്നിരിക്കുകയാണ് അപ്പോ അച്ഛൻ അവരുടെ വെച്ചു എന്ത് പറ്റി അതേ ഞങ്ങൾ കൊണ്ടു വെച്ചിരിപ്പൊ രണ്ടും ഇടത്തെ കാലല്യാണ് ഇനി കളയാനും പറ്റിയില്ല രണ്ടായിരത്തി രൂപ തരാതിരിക്കാനും പറ്റിയല്ല മനസ്സിലായില്ല ഇതിനാണ് ബി എന്ന് പറയുന്നത് ഇവിടെ ഇത്രയും കളിപ്പ് കാണിക്കുവാനാ മസ്തിഷ്കം വിനിയോഗിക്കുമ്പോൾ അവന്റെ മസ്തിഷ്കത്തിന് പോകുന്ന ഒരു ആ സംസ്കാരത്തിന്റെ വർണ്ണ ലോകമുണ്ട് അതാണ് മാരക രോഗങ്ങളുടെ ഈ ഈ പറഞ്ഞതൊക്കെ അതിശോക്കിയാണ് ഈ പറഞ്ഞത് അത്രയും അതിശയോക്തിയാണ് എം ബി ആണ് എഴുന്നേറ്റ് പോകുന്നത് ഞാൻ പറഞ്ഞത് ഒരു അതിശയോക്തിയാണ് ക്ലിയറായി ഇനി ക്ലിയറായാതെ വരാൻ വഴി സോ ഹിംസ സ്ഥേയം അന്യതാ കാ ഇതെല്ലാം കാപ്പിറ്റലിസത്തിന്റെയും സംഭാവനയാണ് പൈശുനം സ്വകാര്യ സ്വത്ത് ഇല്ലെങ്കിൽ ആ വികാരമില്ല അനർദം കെട്ടിച്ചമച്ച് പറയൽ ഇല്ല സംഭിന്നാലാഭം മറ്റുള്ളവരെ കലഹിപ്പിച്ച് മുതലെടുക്കാൻ കലഹിപ്പിക്കൽ വാക്കുകൊണ്ട് ഇല്ല ഈ നാല് വാചികളും ഇല്ല വ്യാപാതം അന്യനാപത്തു വരണമെന്ന ആഗ്രഹം മറ്റതിലില്ല അവിദ്യ ദുരാശയില്ല മറ്റുള്ളടത്ത് ഇവിടെ അതേ ഉള്ളൂ ദൃക്വിപര്യം എന്തും നെഗറ്റീവായി കാണുന്ന രീതിയിൽ ശവിധ പാപങ്ങളുടെയും ഭൂമിയാണ് ഈ ദശവിധ പാപങ്ങളിലൂടെ മാത്രമാണ് ആതുര സംസ്കൃതി വളർന്നു വികസിക്കുന്നത് അതുകൊണ്ടാണ് ഈ ആമുഖം സൈറ്റോളിസിന് മുമ്പ് പറഞ്ഞത് ഏതാണ്ട് മനസ്സിലായി കാണുന്ന സൈറ്റോളിസിസ് ഇൻ വൈവോ അപ്പോ ജനിതകത്തിൽ അത് പറഞ്ഞപ്പോഴത് പറയേണ്ടി വന്നേ സ്ത്രീ ബീജവും പൂംബീജവും ചേരുമ്പോൾ യോജിക്കുന്നത് മുതൽ അതുകൊണ്ട് പ്രാചീനയുടെ സങ്കല്പങ്ങളിൽ അത് ഞാൻ പറഞ്ഞു കാണണം തോന്നും സ്വയംപരമെന്നായി സങ്കല്പത്തിന് പറയുക ഞാൻ പറഞ്ഞതാണെന്നാണ് എനിക്ക് തോന്നുന്നു ക്ലാസ്സിൽ ആ ഭാഗം പറഞ്ഞു കഴിഞ്ഞ നിർത്തിയെന്ന് തോന്നുന്നു കാരണം ഫിഫ്റ്റി ബില്ല് ബീജകോശങ്ങൾ ഒന്നിച്ചാണ് ചെല്ലുന്നതെങ്കിൽ അതിൽ നിന്ന് ഒരെണ്ണത്തെയാണ് സ്വീകരിക്കുന്നത് ഒരെണ്ണം അതുകൊണ്ടാണന്ന് സ്വയംഭരത്തിൽക്ക് അവർ പ്രാധാന്യം നൽകിയത് കാരണം സ്ത്രീയുടെ ബാഹ്യമായ തെരഞ്ഞെടുപ്പിന് ആന്തരികമായ ആരോഗ്യത്തിൽ നിർണായക പങ്കുണ്ടെന്ന് വിദ്യാഭ്യാസമുള്ളവർ പണ്ട് വിചാരിച്ചിരുന്നു ജാഗ്രത്തിൻ്റെയും സ്വപ്നത്തിൻ്റെയും സുഷുദ്ധിയുടെയും തരം എത്തുന്നതാണ് ബീചാണ്ട സംയോഗത്തിന്റെ ആദിമപർവ്വങ്ങളെന്നും ഒരു യൂണി സെല്ലുലർ ഓർഗാനിസം ഏക കോശം അതാണ് സൈക്കോട്ടെന്നും അതിലാണ് വളർച്ചയുടെ മുഴുവൻ ഘട്ടങ്ങളും ഒളിഞ്ഞിരിക്കുന്നതെന്നും അതിൽ ആനന്ദപ്രദമായ കുടുംബജീവിതം മുഖ്യതായിട്ടുള്ളതാണെന്നും അതിൽ വെറുപ്പിന്റെയും വിദ്വേഷത്തിൻ്റെയും ഭൂമിക മൃഗവിഷ്ണയുടെ ലോകത്തെയാണ് ഉതിർക്കുന്നത് എന്ന് വന്നാൽ മൃഗങ്ങളെപ്പോലുള്ള സന്തതി പരമ്പരകളെ ഉണ്ടാവുകയുള്ളൂവെന്നും മനനം ചെയ്യുന്ന മനുഷ്യരിൽ സ്വപ്നങ്ങൾ ഉണ്ടെന്നും ജീവ സൃഷ്ടികൾ ഉണ്ടെന്നും അതുകൊണ്ട് ഇത് പ്രാചീന വിശ്വസ്സു അതുകൊണ്ട് അവർ ഇതിനൊക്കെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ആ ഒന്നിനെ മാത്രം സ്വീകരിക്കുമ്പോൾ അതായത് ഭ്രൂണ ജൈവ കോശ വിഭജനം അവിടം മുതൽ ആരംഭിക്കും കോശവിഭജനം എന്ന മതം തന്നെ ഭ്രൂണവിജ്ഞാനത്തോളം അടിസ്ഥാനമുള്ളതാണ് അത്രയും ആഴമുള്ളതാണ് കോശവിഭജനം എന്ന പദം കാരണം ആ റൂണമാണ് റൂണം പല വിഭജനങ്ങൾക്ക് വിധേയമായാണ് അസ്ഥി ജായതെ വർദ്ധത വിപരിണാമത അവക്ഷീയത വിനശ്യതി എന്ന ഘട്ടങ്ങളെ കടന്നു ഫർട്ടിലൈസേഷൻ ഫിറ്റസ് അത് ഗ്രോത്ത് അത് അതിന്റെ ബർത്ത് അത് കഴിഞ്ഞ് വീണ്ടും വളർച്ച ഗ്രോത്ത് അത് കഴിഞ്ഞ് എവല്യൂഷൻ ആണോ പെണ്ണോ ഒക്കെയാണെന്ന് തിരിച്ചറിയിക്കുന്ന പൂർണ്ണതയുടെ എവല്യൂഷൻ അത് കഴിഞ്ഞ് സെനസെൻസ് അപക്ഷയം അത് കഴിഞ്ഞ് അതിൽ സൈറ്റോളിസിലെ സെനസെൻസ് എന്നതിന് സമാനമായാണ് ക്യാൻസറിന്റെ രൂപാന്തര ഭാവങ്ങൾ പതോളജി നന്നായി പഠിച്ചാൽ ബോധ്യമാവും സഹായത്തിന് ഹാഫ്ലിക്കിനെയും അലക്സിസ് കാറലിനെയുമൊക്കെ കൂട്ടുപിടിച്ചാൽ വിപുലമായൊരറിവിൻ്റെ ലോകങ്ങളിൽ നാം എത്തുകയും ചെയ്യും ആധുനികരായ സൈറ്റോളിൻ വൈവോ പഠിക്കുമ്പോൾ ബീജസങ്കലനം കഴിഞ്ഞ് കോശവിഭജനത്തിലൂടെ ഇതൊക്കെയാണ് പ്രാചീന ഉപയോഗിച്ച പദം മറ്റത് ആധുനിക പദമാണ് നേരത്തെ ഞാൻ പറഞ്ഞു അസ്ഥി ജായതെ വർദ്ധത വിപരിണാമത അപക്ഷീയത വിനശ്യതി വൈദികരുടെ പദമാണ് ഷടൂർമികൾ ഗർഭസ്ഥ ശിശുവിന്റെ വിവിധ ഘട്ടങ്ങളെ ഗർഭോപരിഷത്ത് പോലുള്ള ചിന്തകൾ രൂപപ്പെടുത്തിയതാണ് കലനവും ബുദ്ധുതവും കർക്കേന്ദുവും ഒക്കെ അടങ്ങുന്ന അവസ്ഥകൾ ഈ അവസ്ഥാന്തരങ്ങളിലൂടെ കടന്നാണ് പൂർണ്ണ വളർച്ചയെത്തിനായി അവിടുന്ന് വളർച്ചയും പരിണാമവും ഒക്കെ കടന്ന് അപക്ഷയത്തിലെത്തി നാശത്തിലെത്തുന്ന വൃത്തി ഉണ്ടാകുന്നു ആധുനികർക്കും സമ്മതമായ Fertilization Evolution Evolution Growth, Senescence Senescence And Death स्वी विभजन प्रक्रिया सक्रिय वैचित्र ആ വ്യക്തിയെ നശിപ്പിക്കുവാൻ തുടങ്ങുമ്പോൾ തന്നെ നടക്കുമ്പോൾ സക്രിയത വളരെ ശക്തമാണ് വൈചിത്യത്തിൽ വെച്ചാണ് കോശവിഭജനം മറ്റൊരു പരിണാമത്തിന് വിഭേജ് വിധേയമാവുന്നത് അവിടെ ഈ കോശവിഭജനത്തിന് ക്യാൻസർ എന്ന് വിളിക്കാവുന്ന ഒരു പദ്ധതി തന്നെ ഉണ്ടെന്ന് ഏതാണ്ട് ഇൻ വൈവോയിൽ നമുക്ക് ബോധ്യമാണ് അവിടെ അസ്ഥി ജായതെ വർദ്ധത വിപരിണാമത അപക്ഷീയതയെ വിനശ്യതീയെന്നേ ആറ് ഘട്ടങ്ങൾ സ്മർത്തവ്യവുമാണ് അപ്പൊ ഭ്രൂണാവസ്ഥയിൽ കലലം ബുദ്ഭുതം കർക്കേന്ദു എന്നിങ്ങനെ അനേക ഘട്ടങ്ങളെ കടന്ന് ഭ്രൂണം ജാതകർമ്മത്തിനു ഭാഗമായി ഭൂജാതനാവുമ്പോൾ എത്ര വിഭജനം നടക്കുന്നുവല്ലോ എത്ര പരിണാമങ്ങൾ ഉണ്ടാകുന്നുവല്ലോ ാണ് പാരമ്പര്യ ജനിതകങ്ങളുടെ പ്രാധാന്യം രോഗങ്ങളിൽ ഏറ്റവും പ്രധാനമാകുന്നത് ആന്തരികങ്ങളായ സ്വപ്നങ്ങൾ സ്ത്രീയുടെയും പുരുഷന്റെയും അച്ഛന്റെയും അമ്മയുടെയും അതിന് ആദിബല പ്രവൃത്തം എന്ന് പറയും അതുപോലെ തന്നെ ജന്മബല പ്രവൃത്തം ഇത് രണ്ടെണ്ണ അതിലേറ്റവും പ്രധാനം ആദിബല പ്രവൃത്തം പിതൃജം മാതൃജ പ്രേഷ്ഠനായ സർവത്തിൻ്റെയും അധികാരമേറ്റെടുക്കുന്ന ഒരു പിതാവ് എന്നിലുണ്ട് അയാൾ ഇഷ്ടങ്ങളെയും അനിഷ്ടങ്ങളെയും നോക്കിയിരിക്കുന്നുണ്ട് എൻ്റെ ഇന്ദ്രിയ എൻ്റെ അറിവ് ആ ഇഷ്ടങ്ങളെ നിരസിച്ചു നീങ്ങുമ്പോഴെല്ലാം കാരണമായ ദുഃഖം എൻ്റെ കോശകോശാന്തരങ്ങളിലേക്ക് വ്യാപിക്കുന്നുണ്ട് സാമൂഹിക പ്രതിബദ്ധത കൊണ്ടോ സാമാജിക മര്യാദയുടെ പേരിലോ വ്യവസ്ഥാപിതങ്ങളായ നിയമത്തിൻ്റെ മാർഗരേഖകൾ കൊണ്ടോ എൻ്റെ ഇന്ദ്രിയ ലോകങ്ങളിൽ ഞാൻ കർമ്മങ്ങളിലേർപ്പെടേണ്ടി വരുമ്പോൾ ഞാൻ എൻ്റെ പിതാവിനും എൻ്റെ പിതാമഹനും ിഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എൻ്റെ കോശാന്തരങ്ങളുടെ സ്മൃതിമണ്ഡലങ്ങളിലേക്ക് എത്തി നോക്കാതെ ചെയ്യുന്ന കർമ്മങ്ങൾ എന്നെ കാരണവും അകാരണവുമായ ദുഃഖങ്ങളിലേക്ക് സദാ സർവത തള്ളിവിടുന്നുണ്ട് ഇത് വിദ്യാഭ്യാസത്തിന്റെ പരിപ്രേക്ഷ്യത്തിൽ ഒരിടത്തും ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം ഗ്രീഹർ മെൻഡലിന്റെയും മറ്റും പഠനങ്ങൾ എത്രത്തോളം വികസിച്ചിട്ടുണ്ടെങ്കിലും മാനവ മനഃശാസ്ത്രത്തിൻ്റെയോ മാനവ ജീവിതത്തിൻ്റെയോ ഭൂമികയിൽ വിദ്യാഭ്യാസമുള്ള അച്ഛനാവട്ടെ വിദ്യാഭ്യാസമുള്ള അമ്മയാവട്ടെ വിദ്യാഭ്യാസമുള്ള അധ്യാപകരാവട്ടെ വിദ്യാഭ്യാസമുള്ള വിശക്കുര പ്രമാണിമാരാകട്ടെ അവൻ്റെ പിതൃപൈതാമഹ പാരമ്പര്യത്തിൽ അംഭിതമായ ജനിതക സീമയിലേക്ക് എത്തി നോക്കിക്കൊണ്ട് അവനിൽ അബോധ രൂപയുടെയും പ്രതിബോധവിധിതമായിരിക്കുന്ന ഇച്ഛകളിലെയും തലങ്ങളെ നോക്കി ഈ യാതൊന്നും ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് മാത്രമല്ല തൻ്റെ ഇഷ്ടത്തിന് താൻ വിചാരിക്കുന്ന വഴിയിലൂടെ താൻ നിർദ്ദേശിക്കുന്ന മാർഗരേഖയിലൂടെ കുഞ്ഞിനെയും രോഗിയെയും എല്ല കൊണ്ടുപാടിച്ച് മാതൃകകൾ കൂടുതൽ ആതുരമായ ഒരു സംസ്കാരത്തിൻ്റെ ഉപജ്ഞാതാക്കളുടേതാണ് എന്ന് ഇത് പഠിക്കുമ്പോൾ വളരെ വലുതാണ് ഘടങ്കത പ്രഹേളിക വളരെ വലുതാണ് ചില പദങ്ങൾ എന്താന്ന് പിടിയിട്ടില്ലെങ്കിലും എന്നുള്ള മലയാളം ഇന്ന് നിങ്ങളിൽ അതുകൊണ്ട് ഏത് അച്ഛനാണ് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും തൻ്റെ മകനെ ഒരിക്കലെങ്കിലും തൻ്റെ അച്ഛനായി കാണുന്നത് ഏതമ്മയാണ് തൻ്റെ പുത്രനെ അവൻ്റെ അച്ഛൻ്റെ അച്ഛനോ അമ്മയോ അക്കൂപ്പനോ തൻ്റെ അമ്മയോ അച്ഛനോ ആയി ഏത് നിമിഷത്തിലെങ്കിലും കാണാറുണ്ടോ രൂപത്തെ പറഞ്ഞു കാണാറുണ്ടാവും ഇവൻ ആ അക്കൂപ്പന്റെ തനി രൂപമാണ് ചായ അവന്റെ ഇഷ്ടങ്ങളോട് പ്രതികരിക്കുമ്പോൾ എന്റെ ഇഷ്ടത്തിലൂടെ നീ പോയാൽ മതി എന്ന് നിർബന്ധം പുലർത്തുമോ അതല്ല എന്റെ ഒരു അപ്പൂപ്പൻ ഇനിയും അഭിലാഷങ്ങളുമായി എനിക്ക് മകനായി ജനിച്ചിരിക്കുന്നു എന്നുള്ളത് ആ അഭിലാഷങ്ങൾക്ക് അനുഗുണമായി പെരുമാറുമ്പോഴാണ് അവൻ ശാന്തനും ദാർദനുമായി തീരുന്നത് അവന്റെ ബുദ്ധി മുഴുവൻ വികസിക്കുന്നത് അവന്റെ അറിവ് മുഴുവൻ പൂർണതയിലേക്ക് എത്തുന്നത് അവൻ ലോകങ്ങളെയും ദിഗന്ധങ്ങളെയും മാറ്റി കൊള്ളിച്ച് ഏത് അച്ഛനും അമ്മയുമാണ് പാരമ്പര്യ ജനിതകങ്ങളുടെ പഠനങ്ങൾ ഇത്രയും വികസിച്ച നാളിൽ കണ്ടെത്തുക ശാസ്ത്ര മാതൃകകളൊക്കെ അലങ്കാരത്തിനപ്പുറം അനുഭവത്തിലേക്ക് എത്താത്ത യുഗങ്ങളിൽ മാനവൻ ആതുര സംസ്കാരത്തിന്റെ പിടിയിലേക്ക് പെട്ടുപോകുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എളുപ്പം സമ്മതിക്കുമോ ഇതെല്ലാം നിങ്ങൾക്ക് സാധനമാണ് ഇതൊക്കെ നിങ്ങൾ പഠിച്ച സാധനമാണ് ഞാനീ ഇതിൽ ഒരു വലിയോ കുടിയോ വിസർജമോ ഒല്ല കാരണം നിങ്ങളൊക്കെ ജനിതകങ്ങളെ കുറിച്ച് പഠിച്ചവരാണ് ആധുനിക പഠനത്തിലാണ് ഈ പഠനം കൂടുതലുള്ളതെന്നാണ് നിങ്ങളുടെ അഭിമാനവും ഡാർഗിനു ശേഷം ഗ്രിഹമണ്ഡലിന്റെയും ഗ്രിഗമണ്ഡലിന് ശേഷം വന്ന നിയോ മണ്ഡലിസത്തിന്റെയും കാലങ്ങളിൽ ഇരുന്ന പഠനങ്ങളിന്ന് വളരെ വലുതാണ് ജനറ്റിക്കൽ എൻജിനീയറിങ്ങിലേക്ക് വരുമ്പോൾ തന്നെ ജനിതകത്തിലൂടെയാണ് എല്ലാ പരിണാമവും മാറ്റാൻ ഇന്ന് ശ്രമിച്ചു വരുന്നത് അങ്ങനെയെങ്കിൽ സങ്കൽപ്പങ്ങളുടെയും ആന്തരികങ്ങളായ സ്വപ്നങ്ങളുടെയും സംജാതമാകുന്ന കാൽപരികങ്ങളായ ഭാവനകളുടെയും അത് കാരണ സൂക്ഷ്മ സ്ഥൂല ശരീരങ്ങളിൽ വ്യാപിച്ചിരിക്കുന്നതിന്റെയും സംജാതമായിട്ടുണ്ട് നാം എത്രത്തോളം അവയെ അംഗീകരിക്കുന്നുണ്ട് പ്രാചീനൻ എങ്ങനെ അംഗീകരിച്ചിരുന്നു പൂർവ്വ ജന്മങ്ങളിൽ ജന്മാന്തരങ്ങളിൽ തീരാത്ത കർമ്മത്തിന് പ്രാണനില കർമ്മങ്ങളെയും വഹിച്ച് സ്വച്ഛന്തമായ കർമ്മം ചെയ്യാൻ എന്റെ പുത്രനായി ജനിച്ചിരിക്കുന്ന എൻ്റെ ഒരു അപ്പൂപ്പനെ അയാളുടെ കർമ്മഭൂമിയിലേക്ക് ശാന്തിയോടുകൂടി തിരിച്ചുവിടുവാനുള്ള പാരമ്പര്യ ജനിതകം എന്നിലില്ലാതിരിക്കുകയും അതിനോട് മണ്ണടിക്കുകയും ആ പിതാവിനെ ആ പിതാമഹനെ എൻ്റെ പുത്രനിൽ സംശോഭിപ്പിക്കുകയും ചെയ്ത് എൻ്റെ ഇച്ഛയിലൂടെ അവനെ കൊണ്ടുപോകുമ്പോൾ തന്റെ ജീവിതം ഇവരോടൊപ്പം നിന്ന് തൻ്റെ ആശയാഭിലാഷങ്ങളുടെ പൂർത്തീകരണത്തിന് സാധ്യമല്ലെന്ന് തിരിച്ചറിയുമ്പോൾ കോശവിഭജനത്തിന്റെ പുതിയൊരു നൂലാമാലയിൽപ്പെട്ട് അകാല വാർദ്ധക്യത്തിലേക്ക് എത്തി അച്ഛനമ്മമാരിൽ നിന്ന് പിരിഞ്ഞു ഒരു അഭിവാച്ഛ തന്നെയാണ് രോഗമെന്ന് വംശീയ വൃക്ഷത്തെ അവലംബിച്ചു പറഞ്ഞ ആൾ ശാസ്ത്രീയമാവും എത്രത്തോളം കളമാവും ഭാവനയിലെങ്കിലും പിടിക്കാൻ പറ്റുമോ ശാസ്ത്രത്തിന്റെ കൽപ്പനയിലുള്ള ഭാവനയിലെങ്കിലും എൻറെ മകൻ എൻറെ അച്ഛനായിരുന്ന എൻറെ അപ്പൂപ്പനായിരുന്ന ഒരുവന് തീരാത്ത അഭിലാഷങ്ങളുടെ പേരിൽ എൻറെ കുടുംബത്തിൽ തന്നെ എൻറെ പുത്രനായി ജനിച്ചെത്തിച്ചേർന്ന ആ കർമ്മങ്ങളെ തീർക്കാൻ വെമ്പൽ കൊണ്ട് മുന്നേറുമ്പോൾ അവനെ പിടിച്ച് എൻറെ ഇച്ഛയിലൂടെ കൊണ്ടുപോകുവാൻ നിർബന്ധപൂർവം ഞാൻ നയിക്കുമ്പോൾ നിന്നോടൊപ്പം ജീവിക്കാനേ ഞാൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നീ നിന്റെ സ്വപ്നങ്ങളിലൂടെ എന്നെ എവിടെ പിടിച്ച് കെട്ടാനാണ് പപ്പ എന്ന് പറഞ്ഞ് മനസ്സിലായില്ല അവനവന്റെ കോശ വിഭജനങ്ങളെ ത്വരിതപ്പെടുത്തി മൃത്യുവിൻ്റെ അഗാധതകളിലേക്ക് സ്വയം കൊണ്ടുപോകുമ്പോൾ കുറെ നേരം കരയാമെന്നല്ലാതെ എനിക്ക് എന്തു ചെയ്യാൻ കഴിയും ചോദ്യം മനസ്സിലായില്ല ഊർവ് ഈ ശരീരം എടുത്തത് എന്തിനാണോ അതിന്റെ സങ്കല്പങ്ങൾ ആസുരമാണ് പ്രാണനിലാണ് ജനിതക സ്മൃതികളുടെ വർണ്ണാഭങ്ങളായ ലോകങ്ങളിലാണ് അതുകൊണ്ടാണല്ലോ ചില കുഞ്ഞുങ്ങൾ പാട്ട് പഠിക്കാതെ പാടുന്നത് രാഗങ്ങൾ ആരും പഠിപ്പിക്കണ്ടല്ലോ നന്നായിട്ട് പാടുന്നില്ലേ പാടിക്കൊണ്ടിരിക്കുമ്പോൾ നിന്നെ പാടാനല്ല വളർത്തിയത് എഞ്ചിനീയർ ആക്കാനാ വളർത്തിയതെന്ന് പറഞ്ഞാൽ ആ പാട്ടും വേണ്ട എൻജിനീയറിങ്ങും വേണ്ട ഞാനങ്ങ് പോവുകയാണ് പപ്പാന്ന് പറഞ്ഞു തലം കിട്ടാല്ലേ മനസ്സിലായില്ല അതുകൊണ്ടാണല്ലോ ആയിരിക്കണം അതിന് ചിത്രം അടച്ചതാണ്ട് അത് ആറു വയസ്സുവരെ അറിയിക്കേണ്ടതുണ്ടായിരിക്കും അതിനിടയില് വേറെ ഏതെങ്കിലും കാര്യമുണ്ടോ എന്ന് നമുക്ക് അറിയുകയല്ല മറ്റാരെങ്കിലും അല്ലെ വേറെന്തെങ്കിലും ജനിതക സ്മൃതിയുടെ സങ്കല്പന അപ്പോ വിദ്യാഭ്യാസപരങ്ങളുമായ പ്രകൃതിപരങ്ങളുമായ ഒട്ടേറെ സങ്കല്പങ്ങളാണ് അവ എണ്ണമറ്റവയാണ് അവയെല്ലാം മസ്തിഷ്ക പര്യങ്കാതര ദേശത്തും ഉളവാക്കുന്ന ഒട്ടേറെ ഭാവപ്രത്യങ്ങൾ ഇവയെല്ലാം പരിഗണനാർത്ഥങ്ങളുമാണ് അപ്പോ സ്ത്രീബീജവും കുംബീജവും ആലിംഗനം ചെയ്യുന്നതോടെ കോശവിഭജനം മെല്ലുകയായിരുന്നു അവിടുന്നേ തുടങ്ങും കോശവിഭജനം ആ കോശവിഭജനം കലല ഉദ്ഭുതാവസ്ഥകളിലേക്ക് എത്തുന്നതിന് ഭ്രൂണാവസ്ഥയിൽ ഭ്രൂണ വളർച്ചയ്ക്ക് ഉതകുമാറ് ഭ്രൂണഭാഗം കോശാന്തര വ്യാപാരത്തിൽ അനേകം രാസവസ്തുക്കളെ ഒരുപക്ഷെ ലോകത്തെ ഒരു പരീക്ഷണശാലയിലും ഇന്നോളം നടക്കാത്ത വിധം സങ്കീർണങ്ങളായ വാർതിരിക്കുകയും ചേർക്കുകയും ചെയ്യുന്നുണ്ടാവും അവയൊന്നും മനുഷ്യന്റെ സങ്കല്പങ്ങൾക്ക് പോലും അതീതമായ അവയൊന്നും മനുഷ്യന്റെ ഇന്നോളമുള്ള വികാസത്തിന് അറിയുവാൻ പോലും കഴിയാത്തവയാണെന്നുള്ള വിനയമല്ല ആധുനിക മനുഷ്യൻ നേടുന്നത് ഒരു സൈഗോട്ട സൈഗോട്ടെന്ന അവസ്ഥയിൽ നിന്ന് സീറ്റസിലേക്കും തുടർന്നുള്ള പരിണാമങ്ങളിലേക്കും പോകുമ്പോൾ എത്ര തരം മാറ്റങ്ങൾക്ക് വിധേയമാകും ഇന്നും വൈദ്യശാസ്ത്രത്തിന് ദുരൂഹതയാണ് എവിടെ വെച്ചാണ് ശബ്ദം കേൾക്കുവാൻ തുടങ്ങുന്നത് എവിടെ വെച്ചാണ് ഈ അവയവങ്ങൾ ഓരോന്നും രൂപാന്തരപ്പെടുന്നത് ഇതേ രൂപാന്തരപ്പെടുത്തുന്ന രാസവസ്തുക്കൾ എവിടെ നിന്നാണ് ഈ ഗർഭാശയത്തിൽ എത്തിച്ചേർന്നത് മൂവായിരമോ നാലായിരമോ ചതുരശ്രമയിൽ പ്രദേശം ഉപയോഗിക്കേണ്ടി വരുന്ന അത്രയധികം സ്ഥലമുണ്ടെങ്കിൽ മാത്രം വയ്ക്കുവാൻ പറ്റുന്ന കമ്പികളും അവയുടെ കുട്ടിയോജിപ്പിക്കലുകളും ഇലക്ട്രോഡുകളും സോഫ്റ്റ്വെയറുകളും ഹാർഡ് എല്ലാം തികഞ്ഞ ഒന്നിനെ ഒരു ഗർഭാശയത്തിൽ പ്ലാസന്റെക്കുള്ളിൽ ഒരു സൈഗോട്ടിൽ നിന്ന് ഈ കമ്പികളും മറ്റു സാധനങ്ങളും ഇല്ലാതെ നെർവുകളുടെയും മോട്ടോർ നെർവുകളുടെയും മസ്തിഷ്ക പര്യങ്കാതര ദേശത്തിൻ്റെയും എണ്ണമറ്റ ഹോർമോണുകളുടെയും എൻസൈമുകളുടെയും ലോകങ്ങളെ മുഴുവൻ സമീചീനമായി സംയോജിപ്പിച്ച് സങ്കീർണമായ സൃഷ്ടി പ്രക്രിയയിൽ ഇത്രയധികം ചെയ്തു വെച്ച് പൂർണതയുടെ അങ്ങേ തലവര തീരുമാനിച്ചരക്കിവിട്ടതിനെ ഒരു നിമിഷാബ്ദം കൊണ്ട് ഔഷധങ്ങളും വാക്കുകളും പ്രവർത്തികളും കൊണ്ട് വിപരീത ഭാവനയിൽ എത്തിക്കുവാൻ മാത്രം കഴിയുന്ന ശാസ്ത്രത്തിന്റെ അഹങ്കാരം മനസ്സിലായോ മനുഷ്യനാകെ ചെയ്യാവുന്നവൻ ജനിച്ചു വന്ന വല്ല കൊടുത്ത് തകരാറിലാക്കുക മാത്രമാണ് ഈ പക്ഷെ ഇവന്റെ അലങ്കാരം കണ്ടാൽ ഇവരുണ്ടായതിന് ശേഷമാണ് ഇതിന് ഇത് ഉണ്ടായിരുന്നു ഭൂമിയിൽ സമസ്ത ജീവജാലങ്ങളും ഈ ശാസ്ത്രവും അതിൻ്റെ മാതൃകയൊന്നും ഇല്ലാതെ സ്വച്ഛന്തമായി ഇതെല്ലാം കൂടി ജനിക്കുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ചാഞ്ഞു നിൽക്കുന്ന ഗോവിണിക്ക് ഒരു പട്ടി കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ അതിന് പ്രസവമെടുക്കാൻ ആരുമില്ല മനസിലായില്ല അത് അവിടെ പ്രസവിച്ചു പ്രസവിച്ച് അതിൻ്റെ തള്ളയുടെ മുറിയർക്ക് കൂടിച്ച് അവിടെ വളർന്നു അവിടുന്ന് വല്ല വേസ്റ്റുമൊക്കെ തിന്നു സുഖമായി അവിടെ ജീവിച്ചു കുറച്ച് വളർച്ചയെത്തി അത് അടുത്ത സ്ഥലങ്ങളിലേക്ക് കയറിപ്പോയി തീറ്റ തേടി പോകുന്നുണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് മനുഷ്യനും വണ്ടി ജീവിച്ചത് ഇവൻ്റെ മസ്തിഷ്കത്തെ പ്ലാസൻ്റെയിൽ രൂപപ്പെടുത്തിയത് വൈദ്യശാസ്ത്ര അല്ല പ്ലാസ്സന്റെ ഉള്ളിലേക്ക് ഒരു ഇഞ്ചക്ഷനോ പ്ലാസന്റെ ഉള്ളിലേക്ക് ഒരു മരുന്നോ കടത്തി വിടുമ്പോൾ ചിലപ്പോൾ വൈകല്യങ്ങളെ സംഭവിക്കാറുള്ളൂ പ്ലാസ്റ്റുള്ളിൽ ഓപ്പറേഷൻ തിയേറ്റർ വരെ റെഡിപ്പെടുത്തുവാൻ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ കഴിയുമെന്ന് സമ്മതിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത് തിയേറ്റർ തന്നെ അതിനുള്ളിൽ രൂപപ്പെടുത്തുവാൻ കഴിയുമെന്ന് വൈദ്യശാസ്ത്രത്തിന്റെ വളർച്ചയെ അംഗീകരിച്ചു കൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത് ഇതെ ധരിക്കണ്ട ഈ പ്ലാസ്റ്റെ ഉണ്ടാക്കിയ ുള്ളിൽ സുരക്ഷിതമായിരുന്നു കൊണ്ട് ഈ വികാസ പരിണാമങ്ങൾ ഉണ്ടാക്കിയ പ്രകൃതി അതിനെ എന്തുകൊണ്ടോ വിദ്യാഭ്യാസമുള്ള മർത്യം മറന്നുപോകുന്നു അതിനെയാണ് അഹങ്കാരം എന്ന് പറഞ്ഞത് മനസ്സിലായില്ല ശരിയല്ല പ്രകൃതിയുടെ ഈ ശക്തിക്ക് മുമ്പിൽ മർത്യമാൻ്റെ അറിവും ഒന്നുമല്ലെന്ന് ബോധ്യമാവും അല്പം ചിന്തിച്ചാൽ കൈകൂപ്പി ദിവ സൂര്യ സഹസ്രിൻസിൽ എഴുതിയ റോബർട്ട് ടോപ്പൺ ഹീമർ പറഞ്ഞതുപോലെ കൈകൂപ്പി നിൽക്കാനേ കഴിയൂ അയാൾ പറഞ്ഞത് വേറൊരു സ്ഥിതിയിലാണെന്ന് മാത്രം ഇരുവർഷിമയിൽ ബോംബ് വീഴുമ്പോഴാണ് അയാളിത് പാടുന്നത് ഗീതയിലെ ഈ ശ്ലോകം അതിൽ മാർക്കിൻസിൽ എഴുതി വെച്ചിട്ടുണ്ട് അയാൾ ഡയറിയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മാർക്കിൻസ് അവരുടെ പേരും പറഞ്ഞത് മേടിച്ച് വായിച്ചു നോക്കാം ശാസ്ത്രം കൈകൂക്കി നിൽക്കുവാനേ പറ്റൂ എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട് അതിലും എത്രയോ അത്ഭുതമാണ് ഈ സൈകോട്ടിൽ നിന്നുള്ള വികാസം അതിനെ സ്വച്ഛന്തമായി നൂറ് വയസ്സുവരെ എന്തിക്കുവാനുള്ള ഒരു സാമൂഹിക തലമാണ് ശാസ്ത്രം രൂപപ്പെടുത്തേണ്ടിയിരുന്നത് വൈദ്യശാസ്ത്രത്തിന്റെ ലക്ഷ്യവും വൈദ്യശാസ്ത്രത്തിന്റെ മാർഗരേഖയും അതായിരിക്കേണ്ടതാണ് പൂർണ്ണമായി ശോഭായമാനമായി ിയങ്ങളെല്ലാം പ്രസന്നമായി പൂർണ്ണ ആരോഗ്യത്തിൽ ആ സ്ഥലം വരെ എത്തിച്ചേരുന്നതിനാണ് വൈദ്യശാസ്ത്രം വേണ്ടത് പക്ഷെ ഭാഗ്യമോ ദൗർഭാഗ്യമോ രണ്ടും പറയാം കച്ചവട രംഗത്തിന്റെ ഭാഗ്യവും മനുഷ്യജീവിതത്തിന്റെ ദൗർഭാഗ്യവും ഇന്നങ്ങനെയല്ല അതാണ് അപ്പൊ ഇവിടെ ഒരു പരീക്ഷണശാലയിലും ഒരുമിച്ച് നടക്കാത്ത വിധം സങ്കീർണങ്ങളായ രാസഘടകങ്ങളെ വേർതിരിക്കുകയും ചേർക്കുകയും പിരിച്ചു മാറ്റുകയും ചെയ്യുന്നുണ്ട് കോശ കോശ സംയോഗത്തിന്റെയും കോശാന്തര വ്യാപാരത്തിന്റെയും സജ്ഞകളൊക്കെ പ്രധാനമാണ് കോശ സംയോഗം കോശ കോശാന്തര വ്യാപാരം ഒരു കോശത്തിൽ നിന്ന് മറ്റൊരു കോശത്തിലേക്ക് കൈമാറുന്ന ഒട്ടേറെ വസ്തുക്കൾ അല്ലെങ്കിൽ നമ്മളിലെ കോശങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് മാറുന്നതാണ് തൊക്കിൻ്റെ കലകള് എത്ര നാളുകൊണ്ടാണ് രക്തം എത്ര നാളുകൊണ്ടാണ് ആ രക്തകോശങ്ങൾ കുറെ കോശങ്ങൾ നശിക്കും കുറെ കോശങ്ങൾ പുതുതായി ജനിക്കും അപ്പോൾ എൻ്റെ കോശങ്ങളിൽ ചിലതിൽ രോഗമുണ്ടായ ആ കോശം നശിച്ചിട്ടും ആ രോഗം പോകുന്നില്ലെങ്കിൽ കോശത്തിലാണോ രോഗം ചോദ്യം മനസ്സിലായില്ല കോശത്തിലാണെന്ന് ധരിച്ചു നടത്തുന്ന ചികിത്സ അപര്യാപ്തമല്ലേ എൻ്റെ ചെറുകുടലിലെ ലിബർക്കൻ അഞ്ചു ദിവസത്തെ ഉണ്ടാവുള്ളൂ അഞ്ചാം ദിവസത്തിനെ എടുത്ത് ദൂരെ ചത്തുപോകും പുതി വരും എൻ്റെ ചെറു ചെറുകുടലിലെ ലിബർക്കനിൽ വരുന്ന ഒരു ട്യൂമർ ആ കോശങ്ങളിൽ വരുന്ന ഒരു ട്യൂമർ ആ കോശങ്ങളിൽ വരുന്ന ഒരു വിള്ളൽ ആ കോശങ്ങളെ വ്യാപിക്കുന്ന ഒരു വ്രണം ഒരു അൽസർ എങ്ങനെയാണ് സ്ഥായിയാകുന്നത് എന്തുകൊണ്ടാണ് ലിവർക്കൺ നശിച്ചിട്ടും ആ വ്രണം പോകാത്തത് ആ വ്രണത്തെ എങ്ങനെയാണ് അടുത്ത കോശങ്ങൾക്ക് കൈമാറുന്നത് അതിൻ്റെ പ്രോഗ്നോസിസ് എന്താണ് നിങ്ങൾ ചിന്തിക്കുമോ എന്റെ അച്ഛൻ ഇത്ര കാലമായിട്ട് ഇനി അവയവത്തി അതിനിടയിൽ പത്ത് പ്രാവശ്യം അയാളുടെ ആ അവയവത്തിന്റെ കോശങ്ങൾ മാറി എന്നിട്ടും രോഗം അവിടെയിരിക്കുന്നു എന്തേ രോഗത്തെ അയാൾ എന്തേ കോശങ്ങളുടെ മരണമായാൽ തടഞ്ഞില്ല കോശങ്ങളെ മരിക്കാൻ വിടുകയും രോഗത്തെ മരിക്കാൻ വിടാതിരിക്കുകയും ചെയ്യുമ്പോൾ രോഗത്തിൻ്റെ മരണമായാൽ ഇഷ്ടപ്പെടാതിരിക്കുകയും കോശത്തിന്റെ മരണമയാൾ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു വിഭൂതി എങ്ങനെയാണ് അയാൾക്കുണ്ടാവുക ഈ ചോദ്യം ശാസ്ത്രീയം എന്നതിനേക്കാൾ തത്വചിന്താപരമാണ് ഞാൻ പറഞ്ഞു തന്നെ മനസ്സിലായില്ലോസഫിക്കൽ ഇവിടെയാണ് പലപ്പോഴും സയൻസ് ഫിലോസഫിക്ക് വഴി മാറുന്നത് ിന്തയുടെ സംവേദനാപൂർണമായ അറിവിന്റെ ലോകങ്ങളിലേക്ക് സയൻസ് പലപ്പോഴും എത്താത്തതിവിടെയാണ് ഇനി ഇതങ്ങനെയാ പറയുക സയന്റിസ്റ്റ് തീരുമാനമെടുത്ത് അവിടെ നിൽക്കുകയാണ് ഇനി അങ്ങോട്ട് പോകാനാവില്ല ഞാൻ മുമ്പ് പറഞ്ഞേ ഇവർക്കൻ അഞ്ചു ദിവസമേ ഉള്ളൂ ആറാം ദിവസവും ഇല്ല രോഗം അഞ്ചു ദിവസമല്ല ത്വക്കിൽ ഒരു രോഗം വന്നു ആ ത്വക്കിന്റെ കോശങ്ങൾ പലവരും പൊളിച്ചു പക്ഷെ രോഗം പൊളിച്ചു കളഞ്ഞില്ല അപ്പൊ ഏത് മാധ്യമത്തിലൂടെയാണ് രോഗം സംക്രമിക്കുകയും നിലനിൽക്കുകയും വളരുകയും ചെയ്യുന്നത് മനസ്സിലായില്ല ഏ മാത്രമല്ല സംതിങ് മോർ ഇതൊക്കെ വെച്ചിട്ടാണ് സൈറ്റോളിസിനെ പഠിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നാല് നാൽപ്പതായിരുന്നു തോന്നുന്നുണ്ട് നാരായണം നമസ്കൃതി നരം ശൈവ നരോത്തമം ദേവീ സരസ്വതീം വ്യാസം